പരീക്ഷിച്ചതിന് ശേഷം മനസ്സിലാക്കി ഉപദേശിക്കുന്നതിന് വേണ്ടി യമദേവൻ പറയുന്നതാണ് രണ്ടാമത്തെ नहीं पे है उभे സ്നർ പുരുഷൻ പിന്നീക തയോയ ആദദാന സാധു കീയത്തെ यह ते, तेव ते उभे ना पुषंसनी avad anos ya sadr bhado. Hyode ar Bhakt yavpeyo vrad Onion De. Parichy sishyam vijyayogya dan se avagami. Acha sishyam p aminoя, Sishyam p Dehe, Sishyam pere equici patri pine. Sishyavaricca, bhe gele vamos a verse mille. Mujyayogya dan se avagami èチャンネル. വിദ്യയോഗ്യതയെ അഗമ്യം മനസ്സിലാക്കുകയും ചെയ്തു എന്നിട്ട് ആഹ പറയുന്നു യമദേവൻ പറയുന്നു അന്യത് ശ്രേയ അന്യത് അതർത്ഥം വരെ ബൃഹദ്ശ്രേയസം നിശ്രേയസം അത് ശ്രേയസ് രണ്ട് വിഷയങ്ങളാണ് അവിടെ പറയുന്നത് ശ്രേയസം പ്രേയസ് അങ്ങനെ ശ്രേയസ്ന്ന് പറയുന്നത് അതിന്റെ മാർഗം വേറെയാണ് അതിന്റെ ലക്ഷ്യം വേറെയാണ് രണ്ടു സഭ അതുപോലെ അന്യ ചെയ്യുക എന്റെ അടുത്താപിക്കാം ണെങ്കിൽ കൂടിയും അപ്രേസതും നേരെയാണ് പ്രേയസും വേറെയാണ് ശ്രേയസും നേരെയാണ് ഈ ശ്രേയ പ്രേയസിയും ഉഭയ നാനാർത്ഥി ഭിന്നയോജനെ സതി പുരുഷം അഭിവൃഗം വർണ്ണാശ്രമാതിവിശിഷ്ടം ശ്രേയേയസി ശ്രേയസം പ്രേസി രണ്ടും നാനാർത്ഥേ മന്ത്രത്തിൽ വെച്ചിട്ട് ഭിന്ന പ്രയോജനം ശ്രേയസം പ്രയോജനം ഭിന്നമായ പ്രയോജനത്തോടുകൂടിയതാണ് ഭിന്ന ലക്ഷ്യങ്ങളോടുകൂടിയതാണ് ഇവിടെ ശ്രേയസം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശ്രേയോ മാർഗം പ്രേയസ്ത്രം മോക്ഷത്തിലേക്കുള്ള മാർഗം മാർഗം അതിന് ഭിന്നമായി വരുന്ന മോക്ഷം എന്ന് പറയുന്ന ഫലം ഒഴികെ വരുന്ന എല്ലാ ഫലങ്ങളും പ്രയോമാർഗത്തിൽപ്പെടുന്നു എല്ലാ ഫലങ്ങളും എന്ന് പറയുമ്പോൾ വേദത്തിൽ വിധിക്കുന്ന കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ കിട്ടുന്ന ഫലങ്ങൾ വേദവിഹിതമായ കർമ്മങ്ങളാണ് ഇവിടെ പ്രേയസ് എന്ന് പറയുന്നത് അതിൽ നിന്ന് ലഭിക്കുന്ന ഫലങ്ങൾ അതിനെയും പ്രേയസം എന്ന് പറയും അത് ഇഹലോകത്തിൽ ഉണ്ടാകുന്ന വൈദിക വിധിയനുസരിച്ചുള്ള പശു പുത്രവാദി ഫലങ്ങളും പരലോകത്തിൽ സ്വർഗം വരെയുള്ള ലോകാന്തരപ്രാപ്തി ഇതെല്ലാം ഈ പ്രേയസ് എന്ന് പറയുന്നത് ഉൾപ്പെടുന്നു പ്രയോ മാർഗം ആ ഫലങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ അതും സാധാരണ കർമ്മങ്ങളല്ല അടുത്ത് പറയുന്നു ഭിന്നപ്രയോഗം ഭിന്ന പ്രയോഗങ്ങൾ കൂടിയതാണ് പുരുഷൻ അധികൃതം പുരുഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പ്രേസില്ല അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞാൽ അധികാരിയായിട്ടുള്ളവൻ എന്തിനധികാരിയായിട്ടുള്ളവൻ വേദ അധികാരിയായിട്ടുള്ളവൻ അതൊന്നുകൂടി വിശദീകരിക്കുന്നു വർണ്ണ ആശ്രമാതി വിശിഷ്ടം വർണ്ണം ആശ്രമം തുടങ്ങിയവയോടുകൂടിയവർ പുരുഷമാണ് വർണ്ണ ആശ്രമധർമ്മങ്ങൾ ചാതുറും വർണ്ണയും അതാണ് വർണ്ണം ചതുരാശ്രമം ഈ ധർമ്മങ്ങളോട് കൂടിയവൻ അവന് ജീവിതത്തിൽ രണ്ട് മാർഗങ്ങളാണെന്നുള്ളത് ഒന്നിന് ശ്രേയോ മാർഗം അല്ലെങ്കിൽ ശ്രേയോ ശ്രേയോ മാർഗം എന്ന് പറയുന്ന അടുത്ത് പറയും സന്യാസം ശങ്കുധായോളി ശ്രേയോ മാർഗം എന്ന് പറയുന്നത് പ്രേയമാർഗം എന്ന് പറയുന്നത് ഗാർഹസ്യം രണ്ടായിട്ടാണ് അതിന് എങ്ങനെയുള്ള വൈദികമായിട്ടുള്ള വേദവിധിയനുസരിച്ചുള്ള ഗാർഹസ്യ ധർമ്മവും അതുപോലെ ആ വേദവിഹിതമായ ധർമ്മത്തിന്റെ പരിത്യാഗം പ്രേയമാർഗം നിന്നും വേദവിഹിതമായ ധർമ്മം അനുസരിച്ചുള്ള ജീവിതം അതാണ് ഗാർഹസ്യം ശ്രീയോ മാർഗം എന്ന് പറയുമ്പോൾ അതിന്റെ പൂർണ്ണമായ പരിത്യാസം സന്യാസം ഇത് രണ്ടാണ് ഇനിയുള്ള ഭാഗങ്ങളിൽ വ്യക്തമാക്കും അത് എല്ലാ മനുഷ്യനും ശ്രദ്ധമല്ല രണ്ടിലും പെടാത്തവരുണ്ട് തൃതീയ മാർഗത്തെ അവലംബിച്ച് ജീവിക്കുന്നവർ എന്നിട്ട് നേരത്തെ പറഞ്ഞു വിശ്വാസത്തിൽ പറഞ്ഞ മൃത്യു സഹജമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കുന്ന മനുഷ്യരെ അവരേതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് സഹജമായ കർമ്മങ്ങളെല്ലാം വിട്ട് വൈദികമായ ധർമ്മം അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അവർ ക്രയവ മാർഗികളും അതിനെ ഉപേക്ഷിച്ച് മോക്ഷത്തിന് വേണ്ടി അതിനെയും ഉപേക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ അത്യോ മാർഗം ഇതാണ് വ്യക്തമായി ഈ രണ്ട് മാർഗങ്ങളും നിർവഹിച്ചിരിക്കുന്നത് എല്ലായിടത്തും മനുഷ്യയിലും എല്ലായിടത്തും ഈ രണ്ട് ജീവിതരീതികളെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ ഭാഷ മുഴുവൻ ജയിച്ചിരിക്കുന്നത് അതിനകത്ത് വിശദീകരിക്കുന്നു ഇതെല്ലാം എന്ത് ചെയ്യുന്നു പുരുഷനെ ബന്ധിക്കുന്നതാണ് അതെങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നു എങ്ങനെയാണ് ബന്ധിക്കുന്നത് ത്രേയോ മാർഗം ബന്ധിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കും ത്രയോ മാർഗം ബന്ധിക്കും അടുത്ത് പറയുന്നു കാഠ്യാം വിദ്യ വിദ്യ ആത്മകർത്തവ്യതയാതെ സർവഹ പുരുഷ ഇവിടെ ബന്ധനം എന്ന് പറയുന്നവർ ഉദ്ദേശിക്കുന്നതാണ് സാധ്യം വിദ്യ വിദ്യ ഒന്ന് വിദ്യ മറ്റൊന്ന് അവിദ്യ അവിദ്യ എന്ന് പറയുന്ന കർമ്മം അത് നേരത്തെ വന്നു പ്രയോ മാർഗം മറ്റൊന്ന് വിദ്യ ജ്ഞാനമാർഗം ഇത് രണ്ടുകൊണ്ടാണോ ആത്മകർത്തവ്യതയാണ് ഇത് രണ്ട് കർത്തവ്യമായി വരുന്നു പ്രൈദ്യതയും നിയോഗിക്കപ്പെടുന്നു ഇത് കർത്തവ്യം എന്നുള്ളതാണെങ്കിൽ സർവേ സർവഹ പുരുഷ മനുഷ്യരെല്ലാം ഇതിൽ ഏതെങ്കിലും മനുഷ്യരെ എന്ന് പറയുമ്പോൾ അതിനൊരു സമയം പ്രത്യേകം വരും മനുഷ്യരല്ല ഈ രണ്ടിനെങ്കിലും ഒരു മാർഗം അവർക്ക് കർത്തവ്യമായി വരുന്നു ഇതിനെ കർത്തവ്യമായി കാണുക എന്നുള്ളതാണ് ബന്ധനം അതാണ് ഇവിടെ രണ്ടു കൊണ്ടും ബന്ധിക്കപ്പെടുന്നുണ്ട് പറഞ്ഞിരിക്കുന്നു അത് നമുക്ക് സംശയം വരും ശ്രേയവും മാർഗം സർവകർമ്മ സന്യാസപൂർവുമായിട്ടുള്ള മാർഗം അത് മോക്ഷത്തിൽ ഉപകരിക്കുന്നതാണ് അത് ശരിയാണ് മോക്ഷത്തിൽ ഉപകരിക്കുന്നെങ്കിലും അതല്ല മോക്ഷം അതൊരു മാർഗ്ഗമാണ് മാർഗം എന്ന് പറയുന്നത് കർത്തവ്യത്വം അത് കർത്തവ്യമായിരുന്നു അതെന്ന് പറയുന്നത് വിധിന പരിത്യാഗ് വിധിനാ വിധിപ്രകാരമുള്ള പരിത്യാഗര കർത്തവ്യമായി ർഗമേ ആവുന്നുള്ളോ ലക്ഷ്യം ലക്ഷ്യത്തിലെത്തുന്നത് വരെ ഇതെല്ലാം ബന്ധനം തന്നെ എങ്ങനെ ഇത് കർത്തവ്യമായി അനുഷ്ഠിക്കേണ്ടി വരുന്നു എന്നുള്ള ബന്ധം അല്ലാതെ ജനന മരണങ്ങൾക്കോ സംസാരത്തിനോ കാരണമാകുമെന്നുള്ള രീതിയിലല്ല അവിടെയും കർത്തവ്യത്വം വിശേഷിക്കുന്നു കർത്തവ്യത്വം എന്നുള്ള നിലയ്ക്ക് ശ്രേയോ മാർഗത്തിൽ ഇതുകൊണ്ട് ബന്ധനത്വം അതേസമയം പ്രേയോ ബന്ധന അതിന് കാരണമാകുന്ന അങ്ങനെയല്ല അത് ബന്ധനം എന്ന് പറഞ്ഞു നിന്നത് അത് ജനന മരണങ്ങൾക്ക് കാരണമായിരുന്നു അതിനും കർത്തവ്യത്വം കൊണ്ട് അതിലുപരി അത് ജനന മരണങ്ങൾ കൂടി കാരണമായി തീരുന്നു ഒരു മാർഗം എന്നുള്ള നിലയ്ക്ക് അതിന് അതിന്റേതായ പരിമിതിയുണ്ട് അപ്പൊ ആ പരിമിതിയിൽ വരുന്നതാണ് കർത്തവ്യ ബോധം അതുകൊണ്ട് അതിന് അപ്പൊ അയാൾ ബന്ധനത്തിൽ നിന്നും മാർഗത്തിൽ നിൽക്കുമ്പോൾ അയാൾ പൂർണ്ണമായും മുക്തനാകുന്നില്ല അതുകൊണ്ടാണ് ഇന്ന് രണ്ടിനെയും ഭിന്നമായ പ്രയോജനത്തോടുകൂടിയതാണ് രണ്ടും പക്ഷേ ഈ രണ്ടും മാർഗങ്ങളും മനുഷ്യനെ ബന്ധിച്ചിരിക്കുന്നു രണ്ടും മനുഷ്യന് കർത്തവ്യമായിരിക്കുന്നു എന്നർത്ഥം അത് തന്നെ വിശദീകരിക്കുന്നു ശ്രേയപ്രേസോർഹി അധ്യയ അമ്പൃത സ്വാർത്ഥി പുരുഷഹപ്രവർത്തക അത് ഒന്നുകൂടി വിശദീകരിക്കുകയാണ് ശ്രേയപ്രേയസോഹി ശ്രേയസിലും പ്രേയത്തിലും കർമ്മമാർഗത്തിനും ജ്ഞാനമാർഗത്തിനും അഭ്യുദയ അമൃതത്വം അർത്ഥി കർമ്മമാർഗത്തിൽ അഭ്യുദയത്തെ ആഗ്രഹിക്കുന്നവർ അഭ്യുദയം കർമ്മഫലം അതിനാണ് അഭ്യുദയം എന്ന് പറയുന്നത് കർമ്മഫലത്തെ ശ്രേയസിൽ അമൃതത്വം മോക്ഷത്തിൽ അർത്ഥി ആഗ്രഹിക്കുന്നവൻ കർമ്മമാർഗത്തിൽ ശ്രേയസിൽ കർമ്മഫലത്തെ ആഗ്രഹിക്കുന്നവനും കർമ്മഫലം സ്വർഗം വരെ ള്ള ഫലത്തെ ആഗ്രഹിക്കുന്നവനും സ്ത്രയോ മാർഗത്തിൽ അമൃതത്വത്തെ മോക്ഷത്തെ ആഗ്രഹിക്കുന്നവനും പുരുഷ പ്രവൃത്തത പ്രവർത്തിക്കുന്നു ആ മാർഗത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതാണ് അവരുടെ ബന്ധനം എന്ന് പറയുന്നത് പുരുഷ പ്രവർത്തന അത അതുകൊണ്ട് ശ്രേയത്രേയത്രയോജന പട്ടയാം സർവതാ പുരുഷ അതുകൊണ്ടാണ് ബന്ധനം എന്നിവിടെ പറഞ്ഞതെന്നാണ് ശ്രേയ പ്രേയ പ്രയോജന കർത്തവ്യമില്ല ശ്രേയസിന്റെ പ്രയോജനം ശ്രേയസിന്റെ പ്രയോജനം ഈ രണ്ട് പ്രയോജനങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് ഇത് എനിക്ക് ചെയ്യേണ്ടതാണ് ഇതിന്റെ അനുഷ്ഠേയമാണ് ഇതിന്റെ കർത്തവ്യമാണെന്നാണ് നിലയ്ക്ക് താഭ്യ ബദ്ധ സർവപുരുഷ ഇത് രണ്ടും കൊണ്ട് സർവപുരുഷൻ എല്ലാ മനുഷ്യരും ബന്ധനസ്ഥനായിരിക്കുന്നു എന്ന് പറയും ഏകേക പുരുഷാർ സമ്പാരൂപിരുദ്ധേ അന്യത അപരിത്യാഗന ഏകേന പുരുഷേണ സഹ അനുഷ്ഠാനം അശക്വാ തോവിദാരൂപം പ്രേയ ശ്രേയവ കേവലം ആദാന ഉപദാനം കൂടശോഭനം ശിവം ഇതിന്റെ രണ്ടിനും ഒരു ബന്ധന സ്വഭാവം ഇത് രണ്ടും മനുഷ്യന് അനുഷ്ഠേയമായി വരുന്നു ബന്ധനം എന്നൊക്കെ അവിടെ അനുഷ്ഠേയമായി വരിക എന്നുള്ളത്ഥം കർത്തവ്യമായി വരുന്നു എങ്കിലും അടുത്തെന്താണ് പറയുന്നത് തയോഹോ ശ്രേയ ആദദാനസ്യ സാദൃഭോതി അങ്ങനെ വെക്കാൻ കഴിയും രണ്ടും ഏകീക പുരുഷാർത്ഥം നെവേറെ പുരുഷാർത്ഥവുമായി ബന്ധമുള്ളതാണ് എന്തുകൊണ്ട് വിദ്യാവിദ്യാരൂപത്വമാണ് ഒന്ന് വിദ്യാരൂപം ജ്ഞാനരൂപത്തിലും മറ്റൊന്ന് അവിദ്യാരൂപം കർമ്മരൂപത്തിലുള്ളതാണ് വൈദിക കർമ്മരൂപത്തിലുള്ളതാണ് വിരുദ്ധേ ഭിന്നഫലങ്ങളുള്ളതുകൊണ്ടൊരു പരസ്പര വിരുദ്ധങ്ങളാണ് ഇത് അന്യതര അപരിത്യാഗീന ഒന്നിനെ ഉപേക്ഷിക്കാതെ ഏകേനോ പുരുഷേനോ ഒരു മനുഷ്യനോ സഹ അനുഷ്ഠാതം ഒരുമിച്ച് അനുഷ്ഠിക്കുന്നതിന് അസക്തിത്വമാണ് സാധ്യമല്ല ഇങ്ങനെ രണ്ടിനെയും ഒന്നിനെ ഉപേക്ഷിക്കാതെ ഒന്നിനെ സ്വീകരിക്കാൻ ഒരാൾക്ക് സാധ്യമല്ല ഇതും സംക്രാചാര്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഈശാവാസ മനുഷ്യർ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അന്യതര അപരിഖ്യാഗന് ഒന്നിനെ ഉപേക്ഷിക്കാതെ ഒന്നിനെ സ്വീകരിക്കാൻ സഹ അനുഷ്ഠാനം ഏകപുരുഷന് ഒരു മനുഷ്യന് സഹ അനുഷ്ഠാതം ഒരുമിച്ച് അനുഷ്ഠിക്കുന്നത് അസത്യത്തോ സാധ്യമല്ല കർമ്മവും ജ്ഞാനവും ജ്ഞാനം എന്ന് വെച്ചാൽ സർവകർമ്മ സന്യാസം ഇത് രണ്ടും ഒരു മനുഷ്യന് ഒരു സമയത്ത് ഒരുമിച്ച് അനുഷ്ഠിക്കാൻ വരുന്ന അസാധ്യമാണ് അസഖ്യത്വമാണ് തയോഹോ ഹിത്വ അവിദ്യാരൂപം അതുകൊണ്ട് അവിദ്യാരൂപമായിരിക്കുന്ന കർമ്മരൂപമായിരിക്കുന്ന ആ മാർഗത്തേത് പ്രേഹ പ്രേയസിനെ ഹിത്വ ഉദ്ദേശിച്ചിട്ട് കേവലം അത് ആ ശ്രേയസിനെ മാത്രം ശ്രേയ കേവലം എന്നിട്ട് മാത്രം സ്വീകരിക്കണം ആ വിദ്യ കർമ്മ മാർഗമായിരിക്കുന്ന ഗാഹസ്ഥത്തെ ഉപേക്ഷിച്ചിട്ട് ശ്രേയവ കേവലം ശ്രേയോ മാർഗം സർവകർമ്മ സന്യാസപൂർവകമായിട്ടുള്ള ആത്മജ്ഞാന നിഷ്ഠ അത് മാത്രം സ്വീകരിക്കുന്നതാണ് ഉപാദാനം പൂർവത അത് സ്വീകരിക്കുന്നതിന് സാധു ശോഭനം ശിവം ഭവതി സാധുഭവതി ശോഭനം ശിവം മംഗളം ഭവതി അതിന് മംഗളം ഉണ്ടാകുന്നു എന്നാണ് യോ ശ്രേയ ആദദാന സാധൃഭോയി അവന് മംഗളം സംഭവിക്കുന്നു സർവകർമ്മസന്യാസകാമത്യാഗ രൂപത്തിലുള്ള ആ മർദ്ദത്തെ സ്വീകരിക്കുന്നവൻ മംഗളം ഉണ്ടാകുന്നു കേസ് ആ ദൂരദർശി ദൂരദർശിയല്ലാത്തവൻ ദീർഘദർശിയല്ലാത്തവൻ ഭാവിയെ അറിയാൻ കഴിയുന്നുള്ളവനാണ് ദൂരദർശി ദൂരം ഭാവി അതിനറിയാൻ കഴിയുന്നവൻ ദൂരദർശി ആ ഭാവി അറിയാൻ കഴിയാത്തവൻ അതായത് ഭാവി എന്താണ് താൻ പ്രവർത്തിക്കുന്ന മാർഗത്തിന്റെ ഭാവി അതായത് എന്റെ ഫലരൂപത്തിന്റെ ഭാവി അതിനെക്കുറിച്ച് വേർതിരിച്ചറിയാൻ കഴിയാത്തവൻ വിനോദ മോഹൻ ഹിയതെ അർത്ഥാദ് പുരുഷാർത്ഥ പുരുഷാർത്ഥത്തിൽ നിന്ന് അവൻ തെങ്ങിപ്പോകുന്നു പുരുഷാർത്ഥ പാരമാർത്ഥിക പ്രയോജന നിത്യ നിത്യമായ പാരമാർത്ഥികമായ പുരുഷാർത്ഥം മോക്ഷം ചരമ പുരുഷാർത്ഥം മോക്ഷം അവനൊന്ന് പ്രത്യതയെ തിന്നിപ്പോകുന്നു നിത്യം അതവന് കൈവിട്ടു പോകുന്നു ആരാണോ ദീർഘുദർത്തിയല്ലാതിരിക്കുന്നത് ഭാവി അറിയാൻ കഴിയാത്തവൻ ഇന്ന മാർഗത്തിൽ ഇന്ന ഫലമാണെന്ന് അറിയാൻ കഴിയാത്തവൻ അവൻ പ്രേയോ മാർഗത്തിൽ പ്രവർത്തിക്കുന്നു ശ്രേയോ മാർഗത്തിൽ നിന്ന് അവൻ വിട്ടുപോകുന്നുവന്റെ ഫലം കിട്ടുന്നില്ല അതാണ് അടുത്ത് പറയുന്നത് കോസു ആർക്കാണോ നഷ്ടപ്പെടുന്നത് പുരുഷാർത്ഥം പരമപുരുഷാർത്ഥം നഷ്ടപ്പെടുന്ന ആൾക്ക് യവു പ്രേഹ വർണ്ണീകരണം ആരാണോ പ്രേയസിനെ സ്വീകരിച്ചിരിക്കുന്നത് അവിദ്യ മാർഗത്തെ സ്വീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കർമ്മമാർഗത്തെ സ്വീകരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഗാഹസ്ത്തെ സ്വീകരിച്ചിരിക്കുന്നത് അവനെന്താണ് പ്രേഹീരിയാണ് അവന് പ്രേയസനെ സ്വീകരിച്ചിരിക്കുന്നു ഉപാധി അവനെ സ്വീകരിച്ചിരിക്കുന്നു അവന് പരമപുരുഷാർത്ഥമായ മോക്ഷം സന്യാസം കൂടാതെ കിട്ടുന്നില്ല കർമ്മകർമ്മ സന്യാസം കൂടാതെ എന്നും ആദ്യം ഈ രണ്ട് മാർഗങ്ങളെയും ശ്രേയസിനിയും പ്രേയസിനികൾ വേർതിരിച്ചു കാണിച്ചിരിക്കുകയാണ് ആരാണോ കർമ്മമാർഗത്തിൽ അറിയുക ഒരു കർമ്മമാർഗത്തിൽ സഞ്ചരിക്കുന്നത് അത് പരമപുരുഷാർത്ഥം ലഭിക്കുന്നില്ല എന്നാണ് ഇതിന്റെ കാരണം ശ്രേയ ശ്രേയസ് ശ്രേയോ മാർഗം സർവകർമ്മ സന്യാസം അന്യ വേറെയാണ് പൂതേവ അതുപോലെ തന്നെ പ്രേഹ പ്രേമാർഗം കർമ്മമാർഗം അന്യത്ത് വേറെ തന്നെ തേ ഇവ ഉണ്ടും ഭിന്ന പ്രയോജനത്തോടുകൂടിയവയാണ് പുരുഷ അധികാരിയായ മനുഷ്യനെ സിനിത കർത്തവ്യം എന്ന നിലയിൽ ബന്ധിക്കുന്നു യോ ഈ രണ്ടു മാർഗങ്ങളിൽ സ്ത്രയോ മാർഗത്തെ ജ്ഞാനമാർഗത്തെ ആദദാന സ്വീകരിക്കുന്നതിന് സാധു മംഗളം വിക്കുന്നു യാതൊരുവനാണോ പ്രേയഹ കർമ്മമാർഗത്തെ വർണീജെ സ്വീകരിക്കുന്നത് അർത്ഥാൽ ും തീയത നഷ്ടപ്പെടുന്നവനായിരുന്നു േമാേയ <coughs> ഇഷ്ടവാദ സംവരീയ യ ഹിധീര അഭി പ്രേയസമാ ശ്രേയച്ചേ മനുഷ്യ വിധിര ശ്രേയോരോഭിസോ प्रेयो आंदो योगाच्छे मां घृनी यह जह जुश मैं ओना है स्वत्त इड़र को पुरिषेना यह जह ज़िआ अभी जह जंद को पुरिषेना करतना पुरिषेना पुरिषेना करतना है स्वाभी लौण ഇത് രണ്ടും മനുഷ്യന് ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് കർമ്മമാർഗം ജ്ഞാനമാർഗം അങ്ങനെ ഇരിക്കേത്ഥം ആദത്തെ ബാഹുല്യേന ലോക കിമർത്ഥം എന്തുകൊണ്ടാണ് പ്രേ ഏവാദത്തെ പ്രേശനെ തന്നെ സ്വീകരിക്കുന്നു ആദത്തെ ബാഹുല്യേന കൂടുതലായി ലോക മനുഷ്യർ മനുഷ്യൻ എന്തുകൊണ്ട് എല്ലാ മനുഷ്യരും ഈ പ്രേമമാർഗ്ഗത്തിനെ തന്നെ സ്വീകരിക്കുന്നു കർമ്മമാർഗത്തെ അവദ്യാരൂപത്തിന്റെ കർമ്മമാർഗത്തെ എന്തുകൊണ്ട് സ്വീകരിക്കുന്നു ഇത് സ്വാധീനമാണ് ഇത് മനുഷ്യനെ അധീനമാണ് രണ്ട് മാർഗവും അവന് ഇഷ്ടംപോലെ തിരഞ്ഞെടുക്കാം തങ്ങനെയാണെങ്കിലും സാധനത ഫലത മന്ദബുദ്ധീന ദുർവിവേകൂപറി വ്യാമിശ്രീഭൂത മനുഷ്യൻ പുരുഷം ആ ഇതാണേയശ സാധനത ഭരതസ്ഥ സാധനരുവന ഭരരുവൻ സാധനം ശ്രേയസ്സിന് സാധനമായിരിക്കുന്നത് സർവകർമ്മ ത്യാഗം ഫലം മോക്ഷം ശ്രേയസിന് സാധനമായിരിക്കുന്നത് കർമ്മം അർഹസ്തി ഫലം സംസാരം അതാണ് സാധനത ഫലദസ്താവുന്നത് സാധനരൂപത്തിലും ഫലരൂപത്തിലും ഇത് രണ്ടും അതായത് ഈ രണ്ടിന്റെയും ഫലവും സാധനവും ഇത് രണ്ടും മന്ദബുദ്ധീന മന്ദബുദ്ധികൾ ദുർവിവേകരൂപേ സതി ദുർവിവേകരൂപത്തിൽ വേർതിരിച്ചറിയാൻ കഴിയാതിരിക്കുന്നു ഇത് ശ്രേയസിന്നതാണോ ഇത് ശ്രേയസിന്റെ സാധനമാണോ പ്രേയസ് ഇന്നതാണോ ഇത് ശ്രേയസിന്റെ സാധനം ആണോ എന്ന് ദുർവിവേകരൂപേ വേർതിരിച്ചറിയാൻ കഴിയാതെ യാമിശ്രീഭൂതി കൂടിക്കളർന്നിരിക്കുന്നു രണ്ടും കൂടിക്കലടന്നു മനുഷ്യന് ഇവ കൂടിക്കലർന്നത് പോലെ വാസ്തവത്തിൽ കൂടിക്കലർന്ന രണ്ടും വ്യക്തമായ രണ്ട് മാർഗങ്ങളാണ് പ്രവൃത്തി മാർഗവും നിവൃത്തി മാർഗവും അതിനാണ് ഇവിടെ പറയുന്നത് ആ പ്രവൃത്തി മാർഗവും നിവൃത്തി മാകും ഒരു മനുഷ്യനെ കൂടിക്കലർന്നത് പോലെ മനുഷ്യൻ മനുഷ്യനെ പുരുഷം എന്ന് പറഞ്ഞ മനുഷ്യൻ പുരുഷനെ ആ ഇതഹ ഈതഹ പ്രാപ്തത പ്രാപിക്കുന്നു ഏത് ശ്രേയസ് അപ്പൊ ഈ രണ്ട് ശ്രേയസും പ്രേയസും ഒരുപോലെ മനുഷ്യന്റെ മുമ്പിൽ വരുന്നു അവിവേകിയായ ഒരുവന് ഇത് ശ്രേയോ മാർഗമാണ് ഇത് പ്രേയോ മാർഗമാണ് ഇതിന്റെ ഫലം ഇന്നതാണ് ഇതിന്റെ ഫലം ഇന്നതാണെന്ന് വേർതിരിച്ചറിയാൻ കഴിയില്ല എന്നാണ് മനുഷ്യൻ ഏതഹ ശ്രേസ്റ്റ് മനുഷ്യൻ രണ്ടും മനുഷ്യനെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് അതംസൈവ അംഭസഹ പയ മനസ ആലോച്യ ഗുരുലാഘവം ശ്രേയോ മാർഗത്തിനെയും ത്രേയോ മാർഗത്തിനെയും വിവേകി എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നത് അധഹ അതുകൊണ്ട് എന്ന് വെച്ചാൽ ഇത് കൂടിക്കലർന്നാണ് വരുന്നത് വേറെ ചെയ്യാൻ കഴിയുന്നില്ല വിവേയിക്കാണെങ്കിലും ഹംസഹ അംഭസഹ പഴയവ ഹംസം അംഭസത്തിൽ നിന്ന് ജലത്തിൽ നിന്നും പക്ഷെ പാല് കലർത്തിയ വെള്ളത്തിൽ നിന്നും പഴഹ ആ പാലിനെ വേർതിരിച്ചെടുക്കുന്നത് എങ്ങനെയാണോ ഹംസം ജലവും പാലും കൂട്ടിക്കലിക്കാതായിരുന്നു പാലിനെ മാത്രം വേർതിരി പാത്രത്തിൽ ജലത്തെ അവശേഷിപ്പിച്ചിട്ടത് പാലിനെ മാത്രം കുടിക്കുന്നു എന്നാണ് സംസത്തിന്റെ വിശേഷതയായി പറയുന്ന അതുപോലെ പ്രേയ പദാർത്ഥവും ഈ ശ്രേയസം പ്രേയസം എന്ന് പറയുന്ന ഈ രണ്ട് വസ്തുക്കളെയും സംഭരിക്കർത്ഥമാണെന്ന് പറഞ്ഞ മനസ്സ ആലോചിക്ക മനസ്സുകൊണ്ട് ആലോചിച്ചിട്ട് എന്താലോചിക്കണം ഗുഡി ലാഘവും ഏതാണ് ഗൗരവം ഏറിയത് ശ്രേഷ്ഠനേറിയത് ഏതാണ് ലാഭവും നികൃഷ്ടമായത് എന്ന് വിവിനത്തിരോധിരിക്കുന്നു ബുദ്ധിമാൻ മിക വിവേകമുള്ളവൻ അവൻ വിവിനത്തിന് രണ്ടിനും വേർതിരിക്കുന്നു എങ്ങനെ നല്ലോണം ആലോചിച്ചിട്ട് ഏതാണ് ശ്രേഷ്ഠമായിരിക്കുന്നു ഏതാണ് നികൃഷ്ടമായിരിക്കുന്നത് ശ്രേയോ മാർഗമായ സർവകർമ്മ സന്യാസമാണോ അതോ പ്രേയോഗമാർഗമായിരിക്കുന്ന ഗർഹസ്ഥമാണോ ഇതേതാണ് ഉത്കൃഷ്ടം ഏതാണ് അപകൃഷ്ടം എന്നിങ്ങനെ ചിന്തിച്ചിട്ട് വിവേകിയായ ഒരുവൻ വിലവേർതിരിക്കുന്നു അങ്ങനെ വേർതിരിച്ചിട്ടോ വിവിചിത ശ്രേയോഹി ശ്രേവ അഭിപ്രണീയോ അഭ്യർഹിതത്വം ശ്രേയസ്യ അങ്ങനെ വേർതിരിച്ചിട്ട് ശ്രേയോഹി ശ്രേയേവ ശ്രേയസിനെ തന്നെ എന്നുവെച്ചാൽ ശ്രേയോ മാർഗത്തെ തന്നെ സർവകർമ്മസന്യാസ രൂപത്തിലുള്ള പാർത്ഥജ്ഞാന മനുഷ്യ അഭിപ്രായം പൂർണ്ണമായി സ്വീകരിക്കുന്നു നിശ്ചിതമായ രൂപത്തെ സ്വീകരിക്കുന്നു എന്തുകൊണ്ട് പ്രേയസഹ അഭ്യർഹിതത്വ പ്രേയോ മാർഗത്തെക്കാളത് അഭ്യർഹിതമാണ് പൂജ്യമാണ് ശ്രേഷ്ഠമാണ് ശ്രേയസഹ ശ്രേയസ് ശ്രേയോ മാർഗം അത്രയോ മാർഗത്തിനർഗത്തെ അത് ശ്രേഷ്ഠമാണ് ഗാർഹസ്ഥാളത് ശ്രേഷ്ഠമാണ് എന്താണ് ആരാണത് അങ്ങനെ ചെയ്യുന്നത് അങ്ങനടുത്ത് അവിടെ മന്ത്രത്തെ പറഞ്ഞത് ശ്രീയോ ഹി ധീരോ അഭിപ്രായക്കാൾ പൂജ്യമാണെന്നാണ് അങ്ങനെയൊക്കെ ആശ്രയോ മാർഗത്തെ സ്വീകരിക്കുന്നു മന്ദൻ സുജെന്ന് പറഞ്ഞിരിക്കുന്ന മന്ദൻ എന്നാണ് പറയുന്നത് സദ് അസദ് വിവേക അസാമർഥ്യാണ് എന്തുകൊണ്ട് അവന് മന്ദബുദ്ധി എന്ന് പറഞ്ഞ് സത്തിനെയും അസത്തിനെയും വേർതിരിച്ചറിയുന്നതിനുള്ള സാമർഥ്യം ഉണ്ടാകൊണ്ട് സത് അസത് വിവേക കഴിയുന്നില്ല മോക്ഷമാർഗത്തെയും സംസാരമാർഗത്തെയും അവന് വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല അവനെന്ത് ചെയ്യുന്നു യോഗക്ഷേമാ യോഗക്ഷേമ നിമിത്തം യോഗക്ഷേമത്തിനു വേണ്ടി ശരീരാതി ഉപജയ രക്ഷണനിമിത്തം ഇത് യോഗക്ഷേമം എന്നാണ് ശരീരാദിയുടെ ഉപജയം അതിനെ അഭിവൃദ്ധിപ്പെടുത്തുക സ്വീകരിക്കുക ഉണ്ടാക്കുക രക്ഷണം അതിനെ രക്ഷിക്കുക അതിനെ സ്വീകരിച്ച് ശരീരം നിത്തം തണപ്പം തുടങ്ങിയവയെല്ലാം സ്വീകരിക്കുക അതിനെ വളർത്തുക അതിനെ സംരക്ഷിക്കുക ഇതാണ് യോഗക്ഷേമം എന്ന് പറയുന്നത് ഇല്ലാത്തതിന് ഉണ്ടാക്കുന്ന യോഗവും ഉണ്ടാക്കിയതിന് സംരക്ഷിക്കുന്ന ക്ഷേമം ഇവയെല്ലാം ഉണ്ടാക്കിയെടുക്കുക സംരക്ഷിക്കുക ശരീരം തുടങ്ങി ബാക്കിയെല്ലാം സംസാരം മുഴുവൻ ഇതിനുവേണ്ടി യോഗക്ഷേമത്തിനു വേണ്ടി എന്ത് ചെയ്യുന്ന പ്രേയഹ പ്രേശന് എന്താണ് പ്രേസം എന്ന് പറയുന്നത് പശു പുത്രാഭിലണം പശു പുത്രൻ കളത്രം തുടങ്ങിയതല്ലാതെ ഇവയെല്ലാം വൃകരിക്കുന്നു നിജ ഗാഹസ്വീകരിക്കുന്നുണ്ട് വിവേക സാമർത്ഥ്യമുള്ളവൻ ഇവനെല്ലാം ഉപേക്ഷിക്കുന്നു അല്ലാത്തവൻ ഇവനെല്ലാം സ്വീകരിക്കുന്നു ഇതാണ് കണ്ടു നിന്നുള്ള വ്യത്യാസം അപ്പൊ ഇവിടെ രണ്ട് മാർഗങ്ങളോ ഒന്ന് ശ്രേയോമാർഗം പ്രേവമാർഗം വിവേകിയായിട്ടുള്ളവൻ മോക്ഷത്തിന് ഉപകരിക്കുന്ന ശ്രേയോ മാർഗത്തെ സന്യാസമാർഗത്തെ സ്വീകരിക്കുന്നു വിവേകമില്ലാത്തവൻ സംസാരത്തിന് മാത്രം ഉപകരിക്കുന്ന പ്രേമമാർഗത്തെ കർമ്മമാർഗത്തെ അല്ലെങ്കിൽ ഗാഹത്യത്തെ സ്വീകരിക്കുന്നു എന്നാണ് അതിന്റെ മനുഷ്യൻ പുരുഷനെ മനുഷ്യനെ ഏത ഒരുപോലെ പ്രാപിക്കുന്നു ഈ രണ്ടിനെയും സംവദിക്ക നല്ലവണ്ണം ആലോചിച്ചിട്ട് ിയായ പുരുഷൻ വിവിലത്തി വേർതിരിച്ച് ഗ്രഹിക്കുന്നു ധീര വിവേകി ശ്രേയോധി ശ്രേയസിനെ തന്നെ ശ്രേയസ തിനാൽ അഭിഗ്രിക്കുന്നു മന്ദഹ അവിവേകി യോഗക്ഷേമ യോഗക്ഷേമത്തിനു വേണ്ടി പശുപുത്രാദികളെ वेंदी, സംരക്ഷിക്കുന്നതിനും വേണ്ടി मार्गते, कर्म मार्गते, നിർണീക സ്വീകരിക്കുന്നു നദിയേലുസിലമദേവൻ ആദ്യം തന്നെ കാണിച്ചുകൊടുത്തത് പ്രയോഗമാർഗത്തെ അതാണ് ഇനി പറയുന്നത് സത്വം പ്രിയൂപതി നദികേ അതിസ്രാക്ഷേ നൈക്ക ശ്രാ വിമീ അവാൻ മനിയന്തി ബഹോ മനുഷ്യ സഹ ത്വം പ്രിയ രൂപ പ്രിയ രൂപ നിങ്ങളുടെ ചന്ദ്രകലയും ബുദ്ധിമുട്ട് താഴെ ഒരു വരും വരെയും കൊടുത്തു പ്രിയരൂപാൻ സന്ധി വന്നിരിക്കാണ് അതിന്റെ അടി വരയിച്ചിരിക്കുന്ന വേദം ചെല്ലുമ്പോൾ അക്ഷരമാണ് അനുസ്വാരമാണ് പ്രിയരൂപാൻ കാൻ അഭിധ്യായം നശിക്കേത അത്സ്രാക്ഷീാ വിമയീ അവാ മജ്ജി ബഹവ മനുഷ്യ ിശാമാൻ അന്ധിധ്യയോപ്പാക്ഷീ നൈതാ ശ്രദ്ധാ വിത്തമയോ എഹോ മനുഷ്യ സി നജീദേശനോട് പറയുകയാണ് ഇതുവരെ ഞാൻ പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ടിരുന്ന നീ അതാണ് സത്വം മുമ്പ് കാണുന്ന കാര്യങ്ങളെ പരാമർശിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അങ്ങനെയുള്ള നീ എന്നുള്ളതാണ് സത്യം പുനഃ പുനം അയാൾ വീണ്ടും വീണ്ടും എന്നാൽ പ്രമോദിക്കപ്പെട്ടിട്ടും പുനഃ വീണ്ടും വീണ്ടും പ്രിയാൻ പുത്രാദി പുത്ര തുടങ്ങിയവയെ പ്രിയ രൂപാംസ അപ്സരപ്രഭൃതി ദക്ഷണ അപ്സരസ് തുടങ്ങിയ രൂപത്തിലുള്ള പ്രിയവും പ്രിയതനവുമായിട്ടുള്ള കാമങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടാവുന്നതും അതിലുപരി ഇഷ്ടപ്പെടാവുന്നതുമായിട്ടുള്ള കാപങ്ങളെ അഭിധ്യായൻ ഞാൻ പറഞ്ഞ സമയം തന്നെ അഭിധ്യായൻ ചിന്തകൻ ശരിയായി ചിന്തിച്ചത് ഏത് ഗൂർ ചിന്തിച്ചിട്ട് അത് അനിത്യമാണ് യശ്വസിന്ന് നേരത്തെ പറഞ്ഞു എത്ര കാലം ഈ സ്ഥാനത്തിരിക്കുന്നു അത്രയും കാലം ഈ അങ്ങ് തരുന്നവയെല്ലാം എനിക്ക് ഉപയോഗിക്കാൻ കഴിയും എന്ന് ഞാൻ പറഞ്ഞു അനിത്യത്വ അസാരത്വ അത കഴമ്പളല്ല ആദിദോഷാൻ തുടങ്ങിയ ദോഷങ്ങളെല്ലാം ചിന്തൻ ശരിക്ക് ചിന്തിച്ചിട്ട് നജികേതഹ അല്ലയോ നകീതസേ അത്യസ്രാക്ഷിഹി അതിന്റെ അർത്ഥം പറയുന്നത് അതിസൃഷ്ടവാണ് അതിനോട് വേണ്ട എങ്കിലും പരിത്യക്തവാണ് പൂർണ്ണമായും പരിചയ പൂർണമായും ത്യജിച്ചോളാണ് പരിത്യച്ചു തിരി തിരിച്ചാണ് നഗീരസിന് പ്രിയവും പ്രിയതമങ്ങളുമായിട്ടുള്ള ധാരാളം കാമ്യ വിഷയങ്ങളെ വരമായി നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടും നഗീരസ് അവയെല്ലാം പൂർണ്ണമായും ത്യജിച്ചു പരിത്യജിച്ചു പൂർണമായും പരിക്കുക അപ്പോ ബുദ്ധിമത്ത നിന്റെ ബുദ്ധിമത്ത വളരെ ആശ്ചര്യകരമായിരിക്കുന്നു മറ്റാർക്കും ഇതിനുള്ള ആത്മബല ഉണ്ടാകത്തില്ല ഇത്രയും വിവേകം ഉണ്ടാകത്തില്ല ഇത്രയും വലിയ ശുഭോഗങ്ങളെ ശ്രദ്ധിക്കുന്നുവെന്നും മറ്റാരും തന്നെ തയ്യാറാകത്തില്ല നീ എത്ര വലിയ വിവേകം ഉള്ളവനാണോ എന്ന് ആശ്ചര്യപ്രദം പറയുകയാണ് അത് മാത്രമേ ഉണ്ടല്ല ഏതാണ് അവാപ്തവാനസി ശൃംഗാം ശ്രുതി പ്രവൃത്താം വിത്തമയി ധനപ്രായം അത് മാത്രമല്ല എന്താണ് അവാപ്തവാനസി ശൃംഗാം വിശ്രേ ശൃംഗാഞ്ചിമ ഇമാൻ ദൈൻ ശൃംഗാം മാറേ കൂടി സ്വീകരിച്ചു നേരത്തെ ചോദിക്കാതെ നജകീഷിന്റെ ഗ്രഹണ സാമർഥ്യത്തിന് സന്തുഷ്ടനായി കൊടുത്ത ഒരു തരത്തിൽ ഉൾപ്പെടുന്നതാണ് ഈ മാല ഇതുകൂടി സ്വീകരിച്ചോളാൻ പറയും ആ മാല എന്നുള്ള അർത്ഥത്തിന് രണ്ടു തരത്തിലും അവരർത്ഥം പറഞ്ഞു കർമ്മശ്രജി ഭാവി ഗത്യർത്ഥവും ശബ്ദാർത്ഥം ശബ്ദാർത്ഥം വെച്ച് കഴിഞ്ഞാൽ മാല എന്നുള്ളർത്ഥം പറയാം ഗത്യർത്ഥം വെച്ച് കഴിഞ്ഞാൽ കർമ്മം എന്നുള്ള അർത്ഥം പറയാം മാണാമുള്ള അർത്ഥം എടുക്കുന്നത് എല്ലാ വിത്തവും എന്ന് അടുക്കണം എല്ലാ സമ്പത്തും കർമ്മത്തിന് മുമ്പ് എല്ലാ കർമ്മവും അതിന്റെ ഫലങ്ങൾ കർമ്മഫലവും അർത്ഥത്തിൽ അത് രണ്ടും കൂടി ചേർത്ത് കൂടെ വ്യാഖ്യാനിക്കാൻ ശൃംഖിയും കുസിതമായ നിന്ദ്യമായ മാർഗം ശ്രുതി മാർഗമാണ് അവരുടെ മൂഢദിനാണ് മൂഢദിനങ്ങൾ പ്രവർത്തിക്കും വിത്തമയി വിത്തപൂർണ്ണമായിരിക്കുന്ന ധനപ്രായം ധനബാഹുല്യമുള്ള മാർഗത്തെ കർമ്മ മാർഗത്തെ എന്നെടുക്കണം അതുകൊണ്ടാണ് നേരത്തെ കർമ്മമാർഗം എന്നുകൊണ്ട് അവരുടെ അർത്ഥം പറഞ്ഞത് ഈ കർമ്മമാർഗത്തെ എന്താണ് അവാപ്തവ നശി നീ അത് സ്വീകരിച്ചില്ല ആ കർമ്മമാർഗത്തിൽ നീ സ്വീകരിച്ചില്ല ശ്രദ്ധ ഈ മാർഗത്തിൽ മജ്ജന്തി അതൻ മൂഴി മദ്യന്ത മുഴുകുന്നു സീതന്തി എന്ന് പറയുന്നു മുഴുകി നശിക്കുന്നു എന്നുള്ളത് വരാം ബഹവഹി മൂഖാ മനുഷ്യ എന്നുവച്ച ഭൂരിപക്ഷം മൂഢനായ മനുഷ്യരും ആ കർമ്മമാർഗത്തിൽ മുഴുകി ധനപ്രായമായിരിക്കുന്നു ആ കർമ്മമാർഗത്തിൽ അവിദ്യാമാർഗത്തിൽ ഗാഹസ് മാർഗത്തിൽ മുഴുകി അത് തന്നെ നശിക്കുന്നു നീ അത് സ്വീകരിച്ചില്ല നീ അത് എന്ത് ചെയ്തു അങ്ങനെ വസ്തുക്ലാസ് നീ പരിത്യക്തമാകും പൂർണ്ണമായും തിരിച്ചു എന്തുകൊണ്ട് നല്ലവണ്ണം നീ ചിന്തിച്ചു അപ്പോ നീ നമുക്ക് മനസ്സിലാക്കാം നേരത്തെ നജികന് നിയമദേവൻ വളരെ ബോധപൂർവം തന്നെ ഇത്തരം പ്രലോഭനങ്ങൾ കൊടുക്കുകയായിരുന്നു അറിഞ്ഞുകൊണ്ട് തന്നെ നദികേസ് യോഗ്യനാണെന്ന് മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും നജികേസില് യുവജനല്ലാത്തവരാണ് യുവനകത്ത് എത്തിച്ചേരാൻ പറ്റത്തില്ല വിവേകപൂർവം ചെറിയ മാർഗത്തെ തിരഞ്ഞെടുക്കാൻ ശേഷിയുള്ള ഒരുവനെ അവിടെ എത്തിച്ചേരാൻ കഴിയും അങ്ങനെയായിട്ടും എന്തെങ്കിലും വാസനാരൂപത്തിലോ എന്തെങ്കിലും കാമവാസനകൾ നദീസൽ അവശേഷിക്കുന്നുണ്ടോ എന്ന് അതിനെ പുറത്തു കൊണ്ടു വരികയെ ബോധപൂർവം തന്നെയാണ് ഇതുവരെയുള്ള പ്രമോധനങ്ങളെല്ലാം നടത്തിയെന്നതിൽ നിന്നും ഓരോന്നാണ് പറയുന്നതാണ് നീ ഇതിനെയെല്ലാം പരിചയച്ചു എന്ന് പറയുന്നു അപ്പൊ ഒരാൾ അത് സൂചിപ്പിക്കുന്ന എന്താണ് ഒരാൾ വിരക്കനാണ് അയാൾക്ക് കാമ്യവസ്തുക്കളിലൊന്നും താല്പര്യമില്ല അയാൾ ചെറിയ മാർഗത്തെ സ്വീകരിച്ചിരിക്കുകയാണ് അപ്പൊ പുറമെ നോക്കുമ്പോൾ തകരാറൊന്നുമില്ല എങ്കിലും അത്തരം സാഹചര്യങ്ങളിലേക്ക് വന്നാൽ അത്തരം പ്രലോഭനങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ വാസനാദിനം കൊണ്ട് അയാൾ വീണ്ടും ആ സാമ്യ മാർഗങ്ങളിലേക്ക് തെറ്റിപ്പോകാം തെറ്റിപ്പോകുന്ന ഇതാണ് കൂടുതലുള്ളത് ഗുരു അതുകൂടി പരീക്ഷിക്കുകയാണ് ഇവിടെ പുറമെ അയാൾ വിരഗ്ദനാണെങ്കിലും അത് വിരക്തനാണെന്നും പുള്ളിനെ അയാൾക്ക് വിരക്തി ഉണ്ടാകുമെങ്കിലും ബോധനങ്ങൾ വരുമ്പോൾ അതായത് സാഹചര്യങ്ങൾ അടക്കുമ്പോൾ അയാൾ തെറ്റിപ്പോകുമോ വീണ്ടും ആ മാർഗത്തിലേക്ക് പോകുമോ എന്ന് പരീക്ഷിക്കുകയാണ് ആ പരീക്ഷണങ്ങൾ നിലയ്ക്കാണ് ഇതിനെ മുമ്പിൽ കാണിച്ചു പോകുന്നത് അതൊരു സാഹചര്യത്തെ സൃഷ്ടിച്ചു കൊടുക്കുകയും ബോധപൂർവ്വം തന്നെ വഴി തെറ്റുന്ന സാഹചര്യത്തെ സൃഷ്ടിച്ചു കൊടുക്കും അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ചാലും വഴിതെറ്റാതിരുന്നാൽ മാത്രമേ അങ്ങനെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് മെഗീസിനും അങ്ങനത്തെ പ്രത്യക്ഷമായിട്ടും അങ്ങനെ ഉള്ള വഴി തെറ്റുന്ന സാഹചര്യങ്ങൾ ആണ് ആദ്യം കാണിച്ചുകൊടുക്കുന്നത് പക്ഷെ അതിനെല്ലാം അതിക്രമിച്ചു അതിനെ അതിക്രമിച്ച് അതിന് സന്തോഷിച്ചു പറയാന് ഇതിനാണ് ബഹുവ മനുഷ്യ ഭൂരിപക്ഷം മനുഷ്യരും കുടുങ്ങുകിടക്കുന്നത് ഈ കർമ്മ മാർഗത്തിലാണ് കാമത്തിന്റെ മാർഗത്തിലാണ് ഗർഹസ്ഥാണ് നീ അങ്ങനെ നചികേത അല്ലയോ നചികേതം നീയാങ്ങളും അലൗകികളായ കാമ്യങ്ങളുമായ കാമാ വിഷയങ്ങളെ അധിധ്യായൻ നല്ലവണ്ണം ചിന്തിച്ച് അത്യസ്രാക്ഷി പൂർണ്ണമായും തിരിച്ചു ഏതാം ശൃംഖാ ഈ കർമ്മമാർഗത്തെ ലിക്തമയും നിത്തപൂർണമായ കർമ്മമാർഗത്തെ സ്വീകരിച്ചില്ല എം ഈ മാർഗത്തിൽ ബാഹ മനുഷ്യ വളരെയധികം മനുഷ്യർ മജ്ജന്തി മുഴുകി നശിക്കുന്നു നദികീദിന്റെ വിവേകത്തെ യമതയാണ് അതിൽ വളരെ മതിപ്പുണ്ടായി അത് തന്നെ മീനും പറയുകയാണ് നാടാമത്തെ മണ്ഡലത്തിൽ ദൂരം ഏതെ വിപരീത അവിദ്യാച്ച വിദ്യേതി ജാത വിദ്യഭീക്ഷണകേതസംനി കാ ബഹവോ അതോനുപന്തം വിപരീത വിഷൂചി അവിദ്യ വിാത വിദ്യധീക്ഷിതം നിപ്പേദസം മഞ്ഞേ ദൂരമേ വിപരീചേ പിദ്യയാദ്യക്ഷണം നികേതസം മേ നാമാഹോ അനോലുപന്ത തയോ ശ്രേയധുതി തയോ ഈ രണ്ടു മാർഗങ്ങളിൽ ശ്രേയ ശ്രേയസിനെ സ്വീകരിക്കുന്നവനോ സാധുഭവതി മംഗളം അർത്ഥ ഏതൊരുവനാണോ പ്രേയോ െ പ്രേമ മാർഗത്തെ സ്വീകരിക്കുന്നത് പരമപുരുഷാർത്ഥത്തിൽ നിന്നും ഹീയത്തെ വഴി പോകുന്നു ഇത് ഹി ഗുത ഇക്കാര്യം പറഞ്ഞ എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു അതിന് സമാധാനം എടുത്ത് പറഞ്ഞു മുമ്പ് പറഞ്ഞ പോലെ ഇവിടെ അതിന് വിശദീകരിക്കുകയാണ് എന്താണ് യഥ എന്തുകൊണ്ടെന്നാണ് ദൂരം ദൂരേണ പറയുന്നു മഹതാ അന്തരേണ വലിയ അന്തരമുണ്ട് ഏതെ ഇവരല്ലും ഏതേ ദൂരം ഇത് വലിയ അന്തരമുള്ളതാണ് എന്നിട്ട് പരസ്പര ഭിന്നങ്ങളാണ് അത്യന്തം ഭിന്നങ്ങളാണോ വികഡീതേ ദൂരെ വികഡീതേ അന്യോന്യം വ്യാവൃത്തരുടെ അന്യോന്യം ഭിന്നങ്ങളാണ് വ്യാവൃത്തമാണ് അത്യന്തം ഭിന്നാണ് അതാണ് ദൂരം എന്നുള്ളത് അത്യന്തം ഭിന്നങ്ങളാണ് ഒരു തരത്തിനെ യോജിപ്പിക്കാൻ വയ്യാത്തവയാണ് ഏത് വിദ്യയും അവിദ്യയും കർമ്മവും ജ്ഞാനവും അതിന്റെ അത്യധികമായ ദേവസ്ഥ കാണിക്കാൻ വേണ്ടിട്ട് അവനെ പറഞ്ഞ ദൂരം വിതരിക്കുകയും അന്യൂഞ്ഞ് ഞാഗർക്കം എന്നൊക്കെ ഭിന്നമായത് വേർതിരിഞ്ഞ രൂപത്തിലുള്ളതാണ് വിവേക അവിവേകാത്മകത്വമാണ് ഒന്ന് വിവേകരൂപവും മറ്റൊന്ന് അവിദ്യ അവിവേകവും വിദ്യ വിവേകവുമാണ് തമപ്രകാശവും യുവ ഇത് തമസിനെ ഇരു പ്രകാശത്തും പോലെയാണ് ഇരുത്തും വെളിച്ചവും പോലെയാണ് ജ്ഞാനമാർഗവും കർമ്മമാർഗവും ഇരുത്തും വെളിച്ചവും പോലെയാണ് ഒരിക്കലും ഉപയോഗിക്കാത്തവയാണ് സന്യാസവും കാരണിച്ചു വിഷൂചി വിഷൂച്ച അർത്ഥം പറയുന്നു നാനാഗതി ഒന്നുകൂടി വിശദീകരിക്കാനും ഭിന്ന ഫലേ ഭിന്നമായ ഫലത്തോടു കൂടിയവയാണ് അപ്പോൾ വിഷൂസിന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഭിന്നമായ ഫലത്തോടു കൂടിയവയാണ് സൂചി ധാപന വ്യത്യർത്ഥം അതാണ് ഫലമെന്നുള്ള അർത്ഥമാണ് ഭിന്നഫലം ഭിന്നമായ ഫലത്തോടു കൂടിയതാണ് എന്താണ് ഭിന്ന ഫലം സംസാര മോക്ഷഹേതുവേന ഒന്ന് സംസാരഹേതുവാണ് മറ്റൊന്ന് മോക്ഷഹേതുവാണ് വ്യക്തി ി ഏതൊക്കെയാണവു അടുത്ത് പറയുന്നു അവിദ്യ ഒന്ന് വിദ്യേദി അടുത്ത വിദ്യ ശ്രേയോ വിഷയ ശ്രേയോ മാർഗം ഇത് ജ്ഞാത അങ്ങനെ അറിയപ്പെട്ടിരിക്കുന്നു ജ്ഞാത നേർതിരിച്ച് അറിഞ്ഞിരിക്കുന്നു അവഗത ലിശ്ചിതമായി അറിഞ്ഞിരിക്കുന്നു പണ്ഡിതേ ഹി വിന്മാരാ വിദ്വാൻമാരോട് രണ്ടിനെയും നേർതിരിച്ചറങ്ങും കർമ്മമാർഗത്തെയും ഈ രണ്ടിൽ വിദ്യയെ അഭിക്ഷിക്കുന്നവനായി ആഗ്രഹിക്കുന്നവനായി വിദ്യ അർഹനം വിദ്യയെ അർപ്പിക്കുന്നവനായി നചികേദസം നജികേദസന് ന്നെ അഹം വന്നെ ഞാൻ കരുതുന്നു ഇത് രണ്ടും അത്യധികം ഭിന്നമാണ് ജ്ഞാനമാർഗ്ഗവും കർമ്മമാർ അങ്ങനെ ഇവിടെ കടക വംശത്തിൽ ഏതെങ്കിലും വ്യക്തമായി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതുകൊണ്ടാണ് ഭാഷത്തിൽ പലടത്തും ഈശാവാസ്യത്തിന് മുറിഞ്ഞതാണോ പർമദവൻ അതന്ത്യം ഇത് രണ്ടും തമ്മിലുള്ള ആ ഭേദം എന്ന് പറയുന്നത് ആത്മവിനേണ്ടി തലപ്പിക്കാനേ സാധ്യമാണ് ജ്ഞാനവും കർമ്മവും തമ്മിലുള്ള ഭേദം സന്യാസവും കർമ്മസ്ഥയും തമ്മിലുള്ള വിദ്യയും അവിദ്യയും തമ്മിലുള്ള ഭേദം ഇതിന് ഒന്നാണ് ഒരു വഴിക്ക് തന്നെ രണ്ടും സാധിക്കും രണ്ടും ഒന്നാണ് കർമ്മസിൻ്റെ സന്യാസം കർമ്മം തന്നെയാണ് ജ്ഞാനം ജ്ഞാനം തന്നെയാണ് കർമ്മം ഈ രീതിയിൽ ഇതിനെ വിരൂപിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കലും സാധ്യതയല്ല രണ്ടും അത്യധികം ഭിന്നങ്ങളാണ് ഒന്നും നല്ല അത് ഇവിടെ വളരെ വ്യക്തമായി പറയുകയാണ് അതുകൊണ്ടാണ് ഭാഷയാണ് എല്ലാ ഭാഗത്തും ഇതിനെ യോജിപ്പിക്കരുത് ഇത് യോജിക്കാൻ വഴിക്കുന്ന ഒക്കത്തില്ല വിദ്യാർത്ഥിയായി ജ്ഞാനാർത്ഥിയായി നജികേദസം ത്വാമഹം യസ്മാനുദ്ധിയുടെ പ്രലോഭിപ്പിക്കുന്ന വളരെയധികം കാമങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും കാമ്യവിഷയങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും വിഛേദം കൃതബന്ധ നിന്നെ അത് വിേദിച്ചില്ല വിച്ഛേദിപ്പിച്ചില്ല നഷ്ടപ്പെടുത്തിയില്ല എന്നെ ശ്രേയോ മാർഗ ശ്രേയോ മാർഗത്തിൽ നിന്നെ അത് വ്യതിചരിപ്പിച്ചില്ല അനൂത് മാറ്റിയില്ല വ്യതിചലിപ്പിച്ചില്ല ആത്മ ഉപഭോഗ അഭിവാഞ്ചാ സമ്പാദനേന തനിക്ക് വിഷയ ഉപഭോഗത്തിലുള്ള ിച്ചകളെ ഉണ്ടാക്കി അതിനെ നേടിക്കൊണ്ട് പിന്നെ ഈ മാർഗത്തിൽ നിന്നും ഈ കാമങ്ങളൊന്നും വലിരത്തിച്ചല്ല കാമങ്ങൾ എങ്ങനെ വഴിരപ്പിക്കുന്നു ആത്മോപഭോഗം ആത്മോപഭോഗം കാമ വസ്തുക്കളുടെ ഉപഭോഗം അതിനുള്ള അഭിമാനിച്ച ദുരാഗ്രഹം അതിനെ സമ്പാദന ജനിപ്പിച്ചുകൊണ്ട് വിഷയങ്ങളെ അനുഭവിക്കുന്നതിനുള്ള ആഗ്രഹത്തിനുള്ളിൽ ഉണ്ടാക്കിക്കൊണ്ട് ശ്രേയോ മാർഗത്തിൽ നിന്നും ഇവയെ ഒന്നും തന്നെ നിന്നെ അകറ്റിയില്ല വഴിതെറ്റിച്ചില്ല ശ്രേയോ മാർഗത്തിൽ ഒന്നിടാണ് വഴിതെറ്റിക്കുന്ന എന്താണ് വിഷയങ്ങൾ അനുഭവിക്കുന്ന അഭിവാഞ്ചിയാണ് അത് വരുമ്പോഴാണ് ശ്രേയസിനെ മുട്ടിട്ട് പ്രയോജനപ്പെടിക്കുന്നത് അത് നിന്നും സംഭവിച്ചില്ല അത അതുകൊണ്ട് എന്താണ് വിദ്യാർത്ഥന ശ്രേയോഭാജനം ശ്രേയസിനെ സ്വീകരിക്കുന്നവൻ ശ്രേയപാത്രമാണ് ശ്രേയസ്ന് പാത്രമായവനാണ് മഞ്ഞെ എന്ന് ഞാൻ കരുതുന്നു ഇത്യഭിപ്രായ എന്നാണ് എന്റെ അഭിപ്രായം നിസ്രൈസിനിത്തം തന്നെ നീ ഒരു യോഗ്യനായ ശിഷ്യനാണ് നിനക്ക് ഈ തത്വത്തെ ഉപദേശിക്കുന്നതിന് അർഹതയുണ്ട് എന്നും ഞാൻ കരുതുന്നു എന്നാണ് അപ്പൊ കാമ്യ വസ്തുക്കളെല്ലാം ധരിക്കുന്നവന് മാത്രമേ ഈ വിദ്യ ഉപദേശിക്കാൻ പാടുള്ളൂ എന്നിവിടെ സൂചിപ്പിക്കുന്നു കാമന ഉപദേശിച്ചിട്ട് കാര്യമില്ല എന്നാണ് അതിന്റെ യാ ച വിദ്യയും ഏജ് രണ്ടും ഭിന്ന ഫലത്തോടു കൂടിയുകയാണ് വീതി എന്നിങ്ങനെ ജ്ഞാത വിദ്വാൻമാരാൽ അറിയപ്പെട്ടിരിക്കുന്നു നദികേതസം നദികേതസിന് വിദ്യാഭീക്ഷണം വിദ്യയെ ആഗ്രഹിക്കുന്നവനായി മഞ്ഞെ ഞാൻ കരുതുന്നു നിന്നെ ധാരാളം കാമവസ്തുക്കൾ നനോലുബന്ധ ശ്രേയോമാർഗത്തിൽ നിന്നും വഴിതെറ്റിച്ചില്ല അകറ്റിയില്ല ജീവിതത്തിന് നജീതസിന്റെ യോഗ്യത ഹമദേവന് ശരിക്കും ബോധ്യപ്പെട്ടു എന്നാണ് ഇവിടെ സമ്മതിക്കുന്നത് ശ്രേയോ മാർഗത്തിൽ വളരെ ദൃഢനിശ്ചയത്തോടുകൂടി ഉറച്ചു നിൽക്കുന്നതോടുകൂടി അവന് മാത്രമേ ഈ ആത്മവിദ്യക്ക് അധികാരമുള്ളൂ അവന് മാത്രമേ ആത്മവിദ്യ ഉപദേശിച്ചാൽ അതിന്റേതായ ഫലം ഉണ്ടാകത്തുള്ളൂ അതാണ് ഇവിടെ വ്യക്തമാക്കിയത് അല്ലാതെ ഉപദേശിച്ചിട്ട കാര്യമില്ല ഒരു ശിശുവിനെ പരിശോധിക്കുന്നതിന് എന്തിനു വേണ്ടി പരീക്ഷിക്കുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ് ഈ വിദ്യ ഇയാൾക്ക് ഉപദേശിച്ചു ഇത് ഫലം ചെയ്യുന്നു എന്തറിയ യോഗ്യനായ അധികാരിക്ക് ഉപദേശിച്ചാൽ മാത്രമാണ് ഫലം ചെയ്യപ്പെട്ടു ഫലമില്ലായെങ്കിൽ ആ വിദ്യ വ്യക്തമായാൽ ഉപദേശിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ടിവിടെ സൂചിപ്പിക്കുകയാണ് വ്യക്തമാക്കുകയാണ് ഗുരു ശിഷ്യനെ ശരിയായ രീതിയിൽ പരീക്ഷിച്ച് അവിദ്യ അയാളെ ഫലപ്രാപ്തിയിലെത്തുമെന്ന് കണ്ടാൽ മാത്രമേ അയാള് ഇത്രയും ശ്രേഷ്ഠമായ ആദ്യം ജീവ ഉപദേശിച്ചിട്ട ആ ഒരു ഇതിനെ സർവഭം ഉപദേശിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് ചില ഭാഗങ്ങളെല്ലാം അങ്ങനെ പറയുന്നു അത് ഫലം ചെയ്യത്തില്ല എന്നുള്ള അർത്ഥത്തിലാണ് യുദ്ധം ചെയ്യുന്ന ആകായ കഥാഗതായും മറ്റും ഗീതയിൽപ്പായും ഇവിടെയും പറയും ഇവിടെ പറയും ദുരാചാരിയായിരുന്നു അവന് ഇതിനെ ഉദ്ദേശിക്കരുത് അതുകൊണ്ട് അവന് പ്രേമ ചെയ്യത്തില്ല അശാന്ത മനസ്സനുദ്ദേശിക്കരുത് പറയുന്നത് എന്താണ് ഇത് പ്രത്യേകിച്ച് ആർഗ്യത്തിന് നിഷേധിക്കാൻ വേണ്ടിട്ടല്ലേ ഉപദേശം ഫലം ചെയ്യുന്നില്ല വ്യർത്ഥമായ ഒരു പ്രയത്നമായി മാത്രം അവശേഷിക്കും അതുകൊണ്ട് അതിനുപദേശിക്കരുതെന്ന് പറയുക അപ്പൊ അങ്ങനെയുള്ളവർക്ക് പിന്നെന്താണ് അവർക്കെന്താണോ യോജിച്ചത് അത് ഉപദേശിച്ചു കൊടുക്കുക എന്നർത്ഥം സർവകർമ്മസന്യാസരൂപത്തിലുള്ള ഈശ്വരവും മർദ്ദത്തെ ഞാനെന്നക്ഷേ അധികാരികൾക്ക് മാത്രം ഉപദേശിച്ചാൽ എന്നാണ് പറയുന്നത് മറ്റുള്ളവർക്ക് ഇതെല്ലാം നിഷേധിക്കുന്നില്ല അവരുടെ അധികാരമനുസരിച്ച് അവർക്ക് വേണ്ട ഉപദേശിച്ചു കൊടുക്കും അതിനു വേണ്ടിയിട്ടാണ് ജീവിതത്തിലെ കർമ്മ മാർഗങ്ങളും മറ്റു പലതരത്തിലുള്ള വാസനാ മാർഗങ്ങളും എല്ലാം വന്നിരിക്കുന്നത് പ്രയോജനമില്ലാതെ ഒരാൾക്ക് ഉപദേശിച്ചിട്ടുള്ള കാര്യമുണ്ട് അതുകൊണ്ട് അത് പ്രത്യേകിച്ച് ആരെയും പക്ഷഭീവങ്ങളൊന്നും ചെന്ന പക്ഷപാതം എന്ന് പറയുന്ന അങ്ങനെ അവിവേകങ്ങളെക്കുറിച്ചാണ് അടുത്ത മന്ത്രത്തിൽ പറയുന്നത് അവിദ്യയാം അന്തരെ വർത്തമാന സ്വയം ചീരാ പണ്ഡിതം മനമാനമാന പര്യന്ത്മൂഖാ അന്ധേനിയഥന്ധാ അവിദ്യയാം യം ജീത പണ്ഡിതം മനമാന മൂഖാ അന്ധേനീയമാന യഥാധ യം വീരാ പണ്ഡിതം മനു മൂഖാ അന്ധേമാ കർമ്മമാർഗം തന്നെ ശ്രേഷ്ഠമെന്ന് കരുതി അതിൽ മൊഴിയിരിക്കുന്ന ജനങ്ങൾ അവരെ കുറിച്ച് പറയുന്നു കട്ടി പിടിച്ചതുപോലെയുള്ള ഇരുട്ട് ഇരുട്ട് കട്ടി പിടിച്ചതുപോലെയുള്ള ഈ അജ്ഞാന അന്ധകാരത്തിൽ വർത്തമാനാഹ്യമാണ അതുകൊണ്ട് പൊതിഞ്ഞ അതിൽ തന്നെ വരുന്ന അവിവേകം ബുദ്ധിയെ ആച്ഛാദനം ചെയ്ത് അവർ തന്നെ കഴിയണവർ വേസ്റ്റ് വേണമെങ്കിൽ പൊതിഞ്ഞിരിക്കണവർ പുത്ര പശുവാദി കൃഷ്ണ പാശശത പുത്രൻ പശു തുടങ്ങിയ കൃഷ്ണ കൃഷ്ണാരൂപത്തിലുള്ള പാശശതങ്ങൾ കൊണ്ട് അനേകം ബന്ധനങ്ങളുണ്ട് ബന്ധിക്കപ്പെട്ടതാണ് അങ്ങനെയാണെങ്കിലും അവർ തിരിച്ചറിയുന്നുണ്ട് അജ്ഞാനത്തിന്റെ കാഠിന്യം കൊണ്ട് സ്വയം ധീരാഹ സ്വയം ധീരന്മാര് എങ്ങനെ പ്രജ്ഞാവന്ത പ്രജ്ഞയുള്ളവരാണ് പണ്ഡിത പണ്ഡിതാഹ പണ്ഡിതന്മാർ ശാസ്ത്രകുശലാഹ ശാസ്ത്രത്തിൽ സാമർഥ്യമുള്ളവർ ഇരു മന്യമാനാഹ അതിവേക മാർഗത്തിൽ കർമ്മ മാർഗത്തിൽ കഴിയുന്നവരാണ് എന്നാൽ സ്വയം പണ്ഡിതമുള്ളവരാണെന്ന് കരുതുകയും വേദന അധ്യയനം ചെയ്ത് കർമ്മശാസ്ത്രം എല്ലാം ശരിക്കും മനനം ചെയ്ത് എന്നാണ് ആ കർമ്മി കഴിയുന്നവർ അവരെയാണ് ഇവിടെ പണ്ഡിതന്മാരെന്ന് പറയുന്നത് ശാസ്ത്രകുശലന്മാരെന്ന് പറയുന്നു അങ്ങനെയുള്ളവരെ അത്യന്തം കുടിലാം വളരെ കുടിലമായ അനേകരൂപാം നാനാരൂപത്തിലുള്ള ഗതി ഗച്ഛന്ത മാർഗങ്ങളിൽ പോകുന്നവർ ിൽ എന്നിട്ട് നാനാ കർമ്മ മാർഗങ്ങളിൽ സഞ്ചരിക്കുന്നവർ ഗന്ധ്രമാണ എന്നുവെച്ചാൽ കുടലമായ വഴികളിലൂടെ സഞ്ചരിക്കുന്നവർ ആണ് പരിയന്തി അവരെന്ത് ചെയ്യുന്നു ജരാമരണ രോഗാദി ദുഃഖേരണം എന്നിട്ട് സംസാര ദുഃഖങ്ങളാൽ പരിയന്തി പരിഗച്ഛന്തി ആ ദുഃഖങ്ങളാൽ അവർ ൂടപ്പെട്ടിരിക്കുന്നു നിറയപ്പെട്ടിരിക്കുന്നു പരിഗച്ചിയിരിക്കുന്നുണ്ട് അവിവേകികൾ ദൃഷ്ടി കണ്ണുകാണാത്തവനാൽ തന്നെ നയിക്കപ്പെടുന്നവർ വിഷമേ പതി ദുർഘടമായ മാർഗത്തിലൂടെ നയിക്കപ്പെടുന്നവരായി യഥാ ബഹവ അന്താഹ വളരെയധികം അജ്ഞന്മാര മഹാന്തം അനർത്ഥം ഒരു ചന്തി വലിയ അനർത്ഥത്തെ ഒരു ചന്തി പ്രാപിക്കുന്നു തത്വം എങ്ങനെയാണോ അന്ധൻ അന്ധന നയിക്കുന്നത് അങ്ങനെ അന്ധനാൽ നയിക്കപ്പെടുന്ന അന്ധ ദുർബമായ മാർഗങ്ങളുടെ സഞ്ചരിച്ചത് അനേകം അനർത്ഥങ്ങളെ പ്രാപിക്കുന്നു അതുപോലെ എങ്ങനെ സംഭവിക്കുന്നു ഈ കർമ്മമാർഗത്തിൽ ശ്രേയോ മാർഗത്തിന് വിപരീതമായ കർമ്മ മാർഗത്തിൽ സഞ്ചരിക്കുന്നു സ്വയം ബുദ്ധിമാന്മാരാണെന്ന് അഭിമാനിക്കുന്നു പണ്ഡിതനാണെന്ന് കരുതുന്നു പക്ഷെ അവരെന്ത് ചെയ്യുന്നു വളരെ കുടിലങ്ങളായ നനമാർഗങ്ങളുടെ കർമ്മം ഫലം വേദി മുഴുകി ഈ സംസ്ഥാനത്തിന് ദുഃഖങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ട് അവരിങ്ങനെ പരിചല്ലി പരിഗച്ചി ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മുഴുകിയിരിക്കുകയാണ് മൂഢന്മാർ അവിവേകൾ എന്നാണ് എത്ര ശക്തമായ ഭാഷയിലാണ് അവര് നിഷേധിക്കുന്നത് മൂഢന്മാരവിവേകികൾ അന്ധനാൽ നയിക്കപ്പെടുന്ന അന്ധനെപ്പോലെ അവർ നശിച്ചുകൊണ്ടിരിക്കുകയാണ് കർമ്മമാർഗത്തെ സ്വീകരിക്കുന്നവരെ കുറിച്ച് പറയുകയാണ് ആരാണ് അതിനെ വിട്ട് സ്നേഹമാർഗത്തെ സ്വീകരിക്കുന്നത് അത് ഒരാളാണ് മറ്റുള്ളവരെ കുറിച്ചാണ് ഈ പറയുന്നത് അവിദ്യായം അന്തരേ അവിദ്യ മധ്യത്തിൽ കർമ്മമാർഗത്തിൽ അപ്പോൾ കർമ്മം എന്നൊക്കെ പറയുന്നു വൈദിക കർമ്മമാണ് അതോർത്ഥമാണ് വർത്തമാന പ്രവർത്തിക്കുന്നവർ സ്വയം ധീരാഹ സ്വയം ബുദ്ധിമാന്മാരും പണ്ഡിതം മന്യമാനാഹ പണ്ഡിതന്മാരെന്ന് കർമ്മ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നവർ മൂഖാഹ അവിവേകികൾ अंधेन एवा, करने। चुति पर ഈ പ്രയോമാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരുവൻ അവൻ ശാസ്ത്ര വിശ്വനാണെങ്കിലും അവന്റെ ശാസ്ത്ര പാണ്ഡിത്യം ആ കർമ്മമാർഗത്തെ ഉപേക്ഷിച്ച് സ്വയവും മാർഗത്തിലേക്ക് വരുന്നതിന് അവനെ സഹായിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ടൊന്നും പ്രയോജനമില്ല അവൻ സ്വയം ബുദ്ധിമാനാണെന്ന് കരുതുന്നതും ലഷ്ഫലമാണോ അവൻ സ്വയം നശിക്കുന്നു മറ്റുള്ളവരെ നശിപ്പിക്കുകയും ചെയ്യുന്നു എന്നും കർമ്മികളെ ഉദ്ദേശിച്ച് അവിദ്യാ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരുദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നതാണ് അങ്ങനെയുള്ളവർക്ക് എന്തുകൊണ്ട് ശരിയായ മാർഗത്തിൽ സഞ്ചരിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ടവർക്ക് ശാസ്ത്ര പണ്ഡിത്വം ഒക്കെ വരാൻ കഴിയുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അടുത്ത പറയുന്നത് അതൊന്നാണ് ചർച്ച